ാരിയായ ഏതു പിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു അത്യുന്നതമായ സമൂഹത്തിന്റെ നേരെ പിശാചുക്കൾക്ക് ചെവി കൊടുത്തു കേൾക്കാനാവില്ല എല്ലാ വശത്തു നിന്നും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 അവർ ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും തമാശയാക്കി കളയുന്നു അവർ പറയും ഇത് പ്രത്യക്ഷമായ ഒരു ജാലവിദ്യ മാത്രമാകുന്നു എന്ന് ചുറാവൂസൂൻ അവർ പറയും മരിച്ച് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമോ ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ പറയുക അതെ അന്ന് നിങ്ങൾ അപമാനിതരാവുകയും ചെയ്യും എന്നാൽ അത് ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴതാ അവർ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു അവർ പറയും അഹോ ഞങ്ങൾക്ക് കഷ്ടം ഇത് പ്രതിഫലത്തിന്റെ ദിനമാണല്ലോ അവർക്ക് മറുപടി നൽകപ്പെടും അതെ നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞിരുന്ന നിർണായകമായ തീരുമാനത്തിന്റെ ദിവസം അത്രേ ഇത്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 നിങ്ങൾക്കെന്തുപറ്റി നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലല്ലോ എന്ന് അല്ല അവർ ആ ദിവസത്തിൽ കീഴടങ്ങിയവരായിരിക്കും അവരിൽ ചിലർ ചിലരുടെ നേരത്തിരിഞ്ഞ് പരസ്പരം ചോദ്യം ചെയ്യും ും അവർ പറയും തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കയ്യോക്കുമായി വന്ന് ഞങ്ങളെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു അവർ മറുപടി പറയും അല്ല നിങ്ങൾ തന്നെ വിശ്വാസികളാവാതിരിക്കുകയാണുണ്ടായത് وما كان لنا عليكم من سلطان بل كنتم قوما طاغين ഞങ്ങൾക്കാകട്ടെ നിങ്ങളുടെമേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നതുമില്ല പ്രത്യുത നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനവിഭാഗമായിരുന്നു فحق علينا قول ربنا انا لذائقون അങ്ങനെ നമ്മുടെ മേൽ നമ്മുടെ രക്ഷിതാവിന്റെ വചനം യാഥാർത്ഥ്യമായിത്തീർന്നു തീർച്ചയായും നാം ശിക്ഷ അനുഭവിക്കാൻ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ വഴികേടിലെത്തിച്ചിരിക്കുന്നു കാരണം തീർച്ചയായും ഞങ്ങൾ വഴിതെറ്റിയവരായിരുന്നു അപ്പോൾ അന്നേ ദിവസം തീർച്ചയായും അവർ ഇരുവിഭാഗവും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും തീർച്ചയായും നാം കുറ്റവാളികളെക്കൊണ്ട് ചെയ്യുന്നത് അപ്രകാരമാകുന്നു അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി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 ലഹും ും അങ്ങനെയുള്ളവർക്കാകുന്നു അറിയപ്പെട്ട ഉപജീവനം വിവിധ തരം പഴവർഗ്ഗങ്ങൾ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും സൗഭാഗ്യത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ ഫലസൂരി അവർ ചില കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും ഒരു തരം ഉറവുജലം നിറച്ച കോപ്പകൾ അവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും വെളുത്തതും കുടിക്കുന്നവർക്ക് ഹൃദ്യവുമായ പാനീയം ലാ അതിൽ യാതൊരു ദോഷവുമില്ല അതുനിമിത്തം അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുകളുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും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 മ്മുടെ കർമ്മഫലങ്ങൾ നൽകപ്പെടുന്നതാണോ തുടർന്ന് ആ വക്താവ് കൂടെയുള്ളവരോട് പറയും നിങ്ങൾ ആ കൂട്ടുകാരനെ എത്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും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 അവരിൽ നാം താക്കീതുകാരെ നിയോഗിക്കുകയും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നോക്കൂ ആ താക്കീത് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഒഴികെ നമ്മെ വിളിക്കുകയുണ്ടായി അപ്പോൾ ഉത്തരം നൽകിയവൻ എത്ര നല്ലവനല്ലവ നല്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ സന്തതികളെ നാം ഭൂമിയിൽ നിലനിൽക്കുന്നവരാക്കുകയും പിൽക്കാലത്ത് വന്നവരിൽ അദ്ദേഹത്തെപ്പറ്റിയുള്ള സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു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 അവൻ എനിക്ക് വഴികാണിക്കുന്നതാണ് എന്റെ രക്ഷിതാവെ സൽവൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേർ അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു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 അദ്ദേഹത്തിനും ഇസ്ഹാഖിനും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു അവർ ഇരുവരുടെയും സന്തതികളിൽ സദ്വൃത്തരുണ്ട് സ്വന്തത്തോട് തന്നെ സ്പഷ്ടമായ അന്യായം ചെയ്യുന്നവരുമുണ്ട് തീർച്ചയായും മൂസായോടും ഹാറൂനോടും നാം ഔദാര്യം കാണിച്ചു അവർ ഇരുവരെയും അവരുടെ ജനതയെയും മഹാദുരിതത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു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 പിൽക്കാലക്കാരിൽ അവരുടെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു തീർച്ചയായും അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അവർ ഇരുവരും നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നുമാരിലൊരാൾ തന്നെ അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ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 ിപ്പിക്കുകയും ചെയ്തു സമാധാനം തീർച്ചയായും അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു ൂത്തുംമാരിലൊരാൾ തന്നെത്ത ആളുകളെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ശ്രദ്ധേയമാകുന്നു പിന്മാറി നിന്നവരിൽപ്പെട്ട ഒരു കിഴവിയൊഴികെ പിന്നെ മറ്റുള്ളവരെ നാം തകർത്തു കളഞ്ഞു തീർച്ചയായും നിങ്ങൾ രാവിലെ അവരുടെ അടുത്തുകൂടി കടന്നു പോവാറുണ്ട് രാത്രിയിലും എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ യൂനുസും ദൂതന്മാരിലൊരാൾ തന്നെ അദ്ദേഹം ഭാരം നിറച്ച കപ്പലിലേക്ക് ഒളിച്ചോടിയ സന്ദർഭം ശ്രദ്ധേയമത്ര എന്നിട്ടദ്ദേഹം കപ്പൽ യാത്രക്കാരോടൊപ്പം നറുക്കെടുപ്പിൽ പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം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 ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അതിൻറെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ അനാരോഗ്യവാനായ നിലയിൽ തുറന്ന സ്ഥലത്തേക്ക് നാം തള്ളി അദ്ദേഹത്തിന്റെ മേൽ നാം ീൻ വൃക്ഷം മുളപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ നാം ഒരു ലക്ഷമോ അതിലധികമോ വരുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചു അങ്ങനെ അവർ വിശ്വസിക്കുകയും തൽഫലമായി കുറെ കാലത്തേക്ക് അവർക്ക് നാം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 അതല്ല നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചതിന് അവർ ദൃക്സാക്ഷികളായിരുന്നോ അറിഞ്ഞേക്കുക അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന് അവർ പറയുന്നത് തീർച്ചയായും അവരുടെ വ്യാജ നിർമ്മിതിയിൽപ്പെട്ടതാകുന്നു തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാകുന്നു ആൺമക്കളെക്കാൾ ഉപരിയായി അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തുവെന്നോ നിങ്ങൾക്കെന്തുപറ്റി എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ ും അതല്ല വ്യക്തമായ വല്ല പ്രമാണവും നിങ്ങൾക്കു കിട്ടിയിട്ടുണ്ടോ സ്വാദി എന്നാൽ നിങ്ങൾ നിങ്ങളുടെ രേഖ കൊണ്ടുവരുവിൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ അവർ കുടുംബ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ തീർച്ചയായും തങ്ങൾ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ચમച്ചു പറയുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലിസിൻ എന്നാൽ അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഇതിൽ നിന്നെല്ലാം വലിയവകുന്നു ഫഇന്നക്കും വമാ തഅബ്ദുൻ മാ അൻതും അലൈഹി ബിഫാതിനിൻ എന്നാൽ നിങ്ങൾക്കും നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നുവോ അവയ്ക്കും അല്ലാഹുവിനെതിരെ ആയി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 ഒരു അവധി വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അവർ പിന്നീട് കണ്ടറിഞ്ഞുകൊള്ളും പ്രതാപത്തിന്റെ നാഥനായ നിന്റെ രക്ഷിതാവ് അവർ ചമച്ചു പറയുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധൻ ദൂതന്മാർക്കു സമാധാനം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി